ഐഹിക ജീവിതം എന്നത് വെറും കളിയും വിനോദവും അലങ്കാരവും നിങ്ങൾക്കിടയിലെ പരസ്പരം മത്സരവും സമ്പത്തിലും സന്താനങ്ങളിലും വർദ്ധിക്കാനുള്ള ആഗ്രഹവും മാത്രമാണെന്ന് നിങ്ങൾ അറിയുക അത് മഴയ്ക്ക് സമാനമാണ് അതിന്റെ സസ്യങ്ങൾ കൃഷിക്കാരെ അത്ഭുതപ്പെടുത്തുന്നു പിന്നീടത് ഉണങ്ങി മഞ്ഞ മാറുന്നു ഒടുവിൽ അത് ചതഞ്ഞറിഞ്ഞ അവശിഷ്ടങ്ങളായി മാറുന്നു പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട് അള്ളാഹു സുഹാനഹുവറ്റ ആലയിൽ നിന്നുള്ള പാപമോചനവും തൃപ്തിയുമുണ്ട് ഐഹിക ജീവിതമെന്നത് വഞ്ചനാപരമായ ഒരു വിനോദം മാത്രമാണ്